അവർ തങ്ങളുടെ രക്ഷിതാവിന്റെ മുന്നിൽ നിർത്തപ്പെട്ടാൽ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ അവൻ ചോദിക്കും ഇത് സത്യമല്ലേ അവർ പറയും അതെ ഞങ്ങളുടെ രക്ഷിതാവേ അവൻ പറയും നിങ്ങൾ സത്യനിഷേധികളായതിനാൽ ശിക്ഷ രുചിക്കൂ